നിങ്ങൾ അവരെ കാണുമ്പോൾ അവരുടെ ശരീരപ്രകൃതി നിങ്ങളെ അത്ഭുതപ്പെടുത്തും അവർ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ വാക്കുകൾ കേൾക്കുകയും ചെയ്യും എന്നാൽ അവർ ചാരിവെച്ച മരത്തടികൾ പോലെയാണ് ഏതൊരു വിളിയും തങ്ങൾക്കുള്ളതാണെന്നവർ കരുതും അവരാണ് ശത്രുക്കൾ അതിനാൽ അവരെ സൂക്ഷിക്കുക അള്ളാഹു സുബാനഹൂവത്ത ആയാലെ നശിപ്പിക്കട്ടെ അവരെങ്ങനെയാണ് വഴിതെറ്റിക്കപ്പെടുന്നത്